ആദമിന്റെ അലഹിസ്സലാം രണ്ടു പുത്രന്മാരുടെ ചരിത്രം സത്യസന്ധമായി അവർക്ക് ഓതിക്കേൾപ്പിക്കുക അവർ രണ്ടുപേരും ഓരോ ബലിയർപ്പിച്ചു അതിൽ ഒരാളുടേത് സ്വീകരിക്കപ്പെട്ടു മറ്റേയാളുടേത് സ്വീകരിക്കപ്പെട്ടില്ല അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നിന്നെ തീർച്ചയായും കൊല്ലും മറ്റവൻ പറഞ്ഞു അള്ളാഹുസ്ബഹാനഹൂവച്ച ആല ഭയഭക്തിയുള്ളവരിൽ നിന്നു മാത്രമേ സ്വീകരിക്കുകയുള്ളൂ